ം പത്തൊൻപത് മിസ്രൈമിനെക്കുറിച്ചുള്ള പ്രവാചകം യഹോവ വേഗതയുള്ളൊരു മേഘത്തെ വാഹനമാക്കി മിസ്രൈമിലേക്ക് വരുന്നു അപ്പോൾ മിസ്രൈമിലെ മിഥ്യാമൂർത്തികൾ അവന്റെ സന്നദ്ധിയിൽ നടുുകയും മിസ്രൈമിന്റെ ഹൃദയം അതിന്റെ ഉള്ളിൽ ഉരുക്കുകയും ചെയ്യും ഞാൻ മിസ്രൈമരെ മിസ്രൈമരോട് കലഹിപ്പിക്കും അവർ ഓരോരുത്തൻ താൻ താന്റെ സഹോദരനോടും ഓരോരുത്തൻ താൻ താന്റെ കൂട്ടുകാരനോടും പട്ടണം പട്ടണത്തോടും രാജ്യം രാജ്യത്തോടും യുദ്ധം ചെയ്യും മിശ്രയുമിന്റെ ചൈതന്യം ഉള്ളിൽ ഒഴിഞ്ഞു ഞാൻ അതിന്റെ ആലോചനയെ നശിപ്പിക്കും അപ്പോൾ അവർ മിഥ്യാമൂർത്തികളോടും മന്ത്രവാദികളോടും വെളിച്ചപ്പാടന്മാരോടും ലക്ഷണം പറയുന്നവരോടും രുളപ്പാട് ചോദിക്കും ഞാൻ മിസ്രയും വരെ ഒരു ക്രൂര യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കും ഉഗ്രനായ ഒരു രാജാവ് അവരെ ഭരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു സമുദ്രത്തിൽ വെള്ളം ഇല്ലാതെയാകും നദി വറ്റി ഉണങ്ങിപ്പോകും നദികൾക്ക് നാറ്റം പിടിക്കും മിസ്രൈമിലെ തോടുകൾ വറ്റി ഉണങ്ങും ഞങ്ങണേയും വേഴവും വാടിപ്പോകും നദിക്കരികയും നദീതീരത്തുമുള്ള പുൽപ്പുറങ്ങളും നദീതീരത്ത് വിതച്ചതൊക്കെയും ഉണങ്ങി പറന്ന് ഇല്ലാതെ പോകും മീൻ പിടിക്കുന്നവർ വിലപിക്കും നദിയിൽ ചൂണ്ടലിടുന്നവരൊക്കെയും ദുഃഖിക്കും വെള്ളത്തിൽ വലവീശുന്നവർ വിഷാദിക്കും ചീകിവെടുപ്പാക്കിയ ചണം കൊണ്ട് വേല ചെയ്യുന്നവരും വെള്ളത്തുണി നെയ്യുന്നവരും ലജ്ജിച്ചു രാജ്യത്തിന്റെ തൂണുകളായിരിക്കുന്നവർ തകർന്നു പോകും കൂലിവേലക്കാർ മനോവ്യസനത്തോടെ ഇരിക്കും സോവനിലെ പ്രഭുക്കന്മാർ കേവലം പോഷന്മാരത്രേ ഫറവോന്റെ ജ്ഞാനമേറിയ മന്ത്രിമാരുടെ ആലോചനമായി തീർന്നിരിക്കുന്നു ഞാൻ ജ്ഞാനികളുടെ മകൻ പുരാതന രാജാക്കന്മാരുടെ മകൻ എന്നിപ്രകാരം നിങ്ങൾ ഫറവോനോട് പറയുന്നത് എങ്ങനെ നിന്റെ ജ്ഞാനികൾ എവിടെ അവർ ഇപ്പോൾ നിനക്ക് പറഞ്ഞു തരട്ടെ സൈന്യങ്ങളുടെ യഹോവ മിസ്രൈമിനെക്കുറിച്ച് നിർണയിച്ചത് അവരെന്തെന്ന് ഗ്രഹിക്കട്ടെ സോവനിലെ പ്രഭുക്കന്മാർ ഫോഷന്മാരായി തീർന്നിരിക്കുന്നു നോഫിലെ പ്രഭുക്കന്മാർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു മിസ്രൈമിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരിക്കുന്നവർ അതിനെ തെറ്റിച്ചുകളഞ്ഞു യഹോവ അതിന്റെ നടുവിൽ മനോവിഭ്രമം പകർന്നു ലഹരി പിടിച്ചവൻ തന്റെ ഛർദിയിൽ ചാഞ്ചാടി നടക്കുന്നതുപോലെ അവർ മിസ്രയിമിനെ അതിന്റെ സകല പ്രവൃത്തിയിലും തെറ്റി നടക്കുമാറാക്കിയിരിക്കുന്നു തലയോ വാലോ പനമ്പട്ടയോ പോട്ടപ്പുല്ലോ നിർവഹിക്കേണ്ടുന്ന ഒരു പ്രവൃത്തിയും മിസ്രയിമിന് അന്നാളിൽ മിസ്രൈമർ സ്ത്രീകൾക്ക് തുല്യരായിരിക്കും സൈന്യങ്ങളുടെ ഹോവ അവരുടെ നേരെ കൈയോങ്ങുന്നത് നിമിത്തം അവർ പേടിച്ച് വിറയ്ക്കും യഹൂദദേശം മിസ്രൈമിന് ഭയങ്കരമായിരിക്കും അതിന്റെ പേർ പറഞ്ഞു കേൾക്കുന്നവരൊക്കെയും സൈന്യങ്ങളുടെ ഹോവ അതിനു വിരോധമായി നിർണയിച്ച നിർണയം നിമിത്തം ഭയപ്പെടും അന്നാളിൽ മിസ്രൈം ദേശത്തുള്ള അഞ്ചു പട്ടണങ്ങൾ കനാൻ ഭാഷ സംസാരിച്ച് സൈന്യങ്ങളുടെ ഹോവയോട് സത്യം ചെയ്യും ഒന്നിന് സൂര്യനഗരം ഈർ ഹഹേരസ് എന്ന് പേര് വിളിക്കപ്പെടും അന്നാളിൽ മിശ്രൈം ദേശത്തിന്റെ നടുവിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠവും അതിന്റെ അതിർത്തിയിൽ യഹോവയ്ക്ക് ഒരു തൂണും ഉണ്ടായിരിക്കും അത് മിശ്രയിം ദേശത്ത് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ഒരു അടയാളവും ഒരു സാക്ഷ്യവും ആയിരിക്കും പീഡകന്മാർ നിമിത്തം അവർ യഹോവയോട് നിലവിളിക്കും അവനവർക്ക് ഒരു രക്ഷകനെ അയയ്ക്കും അവൻ പൊരുതു അവരെ വിടിവിക്കും അങ്ങനെ യഹോവ മിസ്രൈമിനെ തന്നെ വെളിപ്പെടുത്തുകയും മിസ്രയിമർ അന്ന് യഹോവയെ അറിഞ്ഞ് യാഗവും വഴിപാടും കഴിക്കുകയും യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്ന് അതിനെ നിവർത്തിക്കുകയും ചെയ്യും യഹോവ മിസ്രയിമിനെ അടിക്കും അടിച്ചിട്ട് അവൻ വീണ്ടും അവരെ സൌഖ്യമാക്കും അവർ യഹോവയെങ്കിലേക്ക് തിരികയും അവൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ സൌഖ്യമാക്കുകയും ചെയ്യും അന്നാളിൽ മിസ്രൈമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും അശൂര്യർ മിസ്രൈമിലേക്കും മിസ്രൈമ്യർ അശൂരിലേക്കും ചെല്ലും മിസ്രൈമ്യർ അശൂര്യരോടുകൂടെ ആരാധന കഴിക്കും അന്നാളിൽ ഇസ്രയേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി മിസ്രൈമിനോടും അശൂരനോടും കൂടെ മൂന്നാമതായിരിക്കും സൈന്യങ്ങളുടെ ഹോവ അവരെ അനുഗ്രഹിച്ചു എന്റെ ജനമായ മിസ്രൈമും എന്റെ കൈകളുടെ പ്രവൃത്തിയായ അശൂരും എന്റെ അവകാശമായ ഇസ്രയേലും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് അരുളി ചെയ്യും